നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വ്യക്തമായി ഓദിക്കേൾപ്പിക്കുമ്പോൾ ഞങ്ങളെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവർ പറയുന്നു ഇതല്ലാത്ത മറ്റൊരു കുർ കൊണ്ടുവരൂ അല്ലെങ്കിൽ ഇതിനെ മാറ്റൂ പറയുക എന്റെ ഇഷ്ടപ്രകാരം അതിനെ മാറ്റുക എന്നത് സാധ്യമായ കാര്യമല്ല എനിക്ക് വെളിപ്പെടുത്തപ്പെടുന്നത് മാത്രമേ ഞാൻ പിന്തുടരുന്നുള്ളൂ എന്റെ രക്ഷിതാവിനെ ഞാൻ ധിക്കരിച്ചാൽ മഹത്തായൊരു ദിവസത്തെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു